മനുഷ്യ നിങ്ങളുടെ മേലുള്ള അള്ളാഹുസുബഹാനഹൂവച്ച ആലായുടെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കു ഉപജീവനം നൽകുന്ന അള്ളാഹുസുബഹാനഹൂവച്ച ആലായ അല്ലാത്ത മറ്റൊരു സൃഷ്ടാവുണ്ടോ അവൻ അള്ളാഹുസുബാനഹൂവച്ച ആലയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നിട്ടത് എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത്